ചരിത്രം വിശദീകരിക്കുന്ന ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ദറസിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റസൂൾ മുഹമ്മദ് ബിൻ അബ്ദുല്ല ാഹു അലഹു വസ്ല്ലം അവിടുന്ന് ജനിച്ചത് ഏറ്റവും നല്ല കുടുംബത്തിലാണ് ഏറ്റവും നല്ല തറവാടിലാണ് ഏറ്റവും നല്ല കുടുംബപരമ്പരയാണ് നബി സാഹുലി വസല്ലമക്കുള്ളത് അല്ല അള്ളാഹു സുബാനഹു ആദം നബി അലൈഹു വസ്സലാമയുടെ സന്തതികളിൽ നിന്ന് വണയും തെരഞ്ഞെടുക്കുകയും വീണ്ടും തെരഞ്ഞെടുക്കുകയും അങ്ങനെ നബുസള്ളാഹു അലഹി വസ്ല്ലമക്ക് ഏറ്റവും നല്ല കുടുംബ പരമ്പരയും ബന്ധുക്കളും ഏറ്റവും നല്ല തറവാടും അള്ളാഹു സുബാനഹുഅല നിശ്ചയിച്ചിട്ടുണ്ട് റസുൽ അലൈഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞു இன்னல்லாஹுஸ்தஃபா கினானத மின் வலதி இஸ்மாயில் இஸ்மாயில் நபி அலைஹிஸ்ஸலாது வஸ்ஸலாம டைய மக்கலிலின்னு அல்லாஹ் சுப்ஹானஹு வதஆலா கினானய தர்னயெடுத்து வஸ்தஃபா குரைஷன் மின் கினானஹ கினானயிலின்னு அல்லாஹ் சுப்ஹானஹு வதஆலா குரைஷினே பிரத்யகம் தர்னயெடுத்து வஸ்தஃபா மின் குரைஷின் ിൽ നിന്ന് അള്ളാഹു കുടുംബത്തെ പ്രത്യേകം എന്നെ തെരഞ്ഞെടുത്തു അപ്പോൾ നോക്കൂ നിങ്ങൾ അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു സുഹാൻഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ് എന്ന് ഈ ഹജീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ അബ്ബാസ്ബിൻ അബ്ദുൽ മുത്തലിം നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുക്കലേക്ക് വന്നു അദ്ദേഹം റസൂൽ അലൈഹി വസല്ലമ്മയോട് എന്തോ ഒരു പരാതി പറയുന്നതിനു വേണ്ടിയാണ് എത്തിയത് എന്നതുപോലെ ഉടനെ നബിസല്ലാഹു അലഹി വസല്ലം അവിടുന്ന് മിമ്പറിൽ കയറി എന്നിട്ട് റസൂൾ ചോദിച്ചു മൻ അന അപ്പോൾ സഹാബികൾ പറഞ്ഞു അങ്ങ് മകനായ മുഹമ്മദാണ് ഞാൻ അവരിലെ ഏറ്റവും നല്ല സൃഷ്ടികളിലാണ് അള്ളാഹു എന്നെ നിശ്ചയിച്ചത് പിന്നെ അള്ളാഹു സുഹാന മനുഷ്യരിൽ ഏറ്റവും നല്ല ആളുകളെ രണ്ട് വിഭാഗമാക്കി തിരിച്ചു ഫല ഫിർ അവരിൽ നല്ല കക്ഷിയിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തി അതിലേറ്റവും നല്ല കബീലയിൽ ഏറ്റവും നല്ല ഗോത്രത്തിൽ അള്ളാഹു എന്നയാക്കി സുമൂച ആ കബീലയിൽ അഹു വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളെ നിശ്ചയിച്ചു അവരിൽ നല്ല കുടുംബത്തിൽ അള്ളാഹു എന്നെ നിശ്ചയിച്ചു ഞാൻ നിങ്ങളിലേറ്റവും നല്ല കുടുംബമുള്ളവനാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ലവനാണ് അപ്പോൾ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല പരമ്പരയാണ് അവിടുന്ന് ജനിച്ചത് ഏറ്റവും നല്ല കുടുംബത്തിലാണ് എല്ലാ നബിമാരും ജനിക്കുന്നത് പോലെ മറ്റെല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠമായ സംശയത്തിന് യാതൊരു വകയുമില്ലാത്ത രൂപത്തിൽ ഏറ്റവും ഏറ്റവും ശുദ്ധമായ നസബിലാണ് ഏറ്റവും പ്രതാപമുള്ള തറവാടിലാണ് നബിസ്ഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ജനിച്ചത് റസുലഹി സല്ലാഹു അലഹി വസ്ല്ലം നബിയായതിനു ശേഷം അവിടുത്തെ ശത്രുക്കളിൽ മുൻപന്തിയിൽ നിന്നിരുന്നയാളാണ് അബൂ സുഫിയാൻ ഒരിക്കൽ അബൂ സുഫിയാൻ ഹിർക്കൽ എന്ന രാജാവിന്റെ അടുക്കൽ ചെന്നു ഹിർക്കൽ അബൂ സുഫിയാനോട് മഹമ്മദ് നബി സാഹു അലൈഹി വസ്ല്ലമയെ ചോദിച്ചു ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പല ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്രകാരം ചോദിച്ചു അയാൾ പറഞ്ഞു അവന്റെ തറവാട് നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് എങ്ങനെയുള്ള തറവാട്ടിലാണ് അവൻ ജനിച്ചത് അബു സുഫിയാൻ പിന്നീട് അദ്ദേഹം സഹാബിയായി ഞങ്ങൾക്കിടയിൽ വലിയ തറവാടുള്ള ആളുകളാണ് മുഹമ്മദ് നബിസ് വസ്ല്ലമ്മയുടെ കുടുംബം ബുഹറി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അനിഗ് നബിഹു അലി വസ്ല്ലം അവിടുത്തെ പരമ്പര ഇരുപതോളം പിതാക്കൾ ഇരുപത്തിയൊന്നോളം പിതാക്കൾ അവിടെ വരെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാഹു അലി വസ്ല്ല പണ്ഡിതന്മാർ യോജിച്ച് നിവേദനം ചെയ്ത ഇമാമൽ അദ്ദേഹത്തിന്റെ സഹൈഹിലെടുത്ത് നൽകിയ അവിടുത്തെ റസൂൽ അലിഹി വസല്ലമ്മയുടെ പരമ്പര ഇപ്രകാരമാണ് മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അബ്നു അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൾ മുത്തലിബ് എബ്നു ഹാഷിം ഹാഷിം അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുൾ മുത്തലിബ് ഹാഷിം പുറേശികളുടെ കൂട്ടത്തിൽ വളരെ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബ് അതുപോലെ തന്നെയാണ് അല്ല അറബികളുടെ ചരിത്രത്തിൽ തന്നെ അബ്ദുൽ മുത്തലിബിനെ പോലെ ആദരിക്കപ്പെട്ട ഒരാൾ അതിനു മുൻപുണ്ടായിട്ടില്ല അത്രമാത്രം സ്ഥാനം അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു അതിലൊരു കാരണം ആനക്കലഹവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ഇടപെടലുകളാണ് അബ്രഹത്തിന്റെ അടുക്കൽ പോയി അബ്ദുൽ മുത്തലിബ് സംസാരിച്ചത് അതുപോലെ തന്നെ ജംസം ജംസം കിണർ അത് അറബികൾക്ക് നഷ്ടപ്പെട്ടു പിന്നീട് അത് വീണ്ടെടുക്കുന്നത് അബ്ദുൽ മുത്തലിബാണ് അദ്ദേഹത്തിന് തുടർച്ചയായി ചില ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ജംസമിന്റെ സ്ഥാനം കാണിക്കപ്പെട്ടു എന്നിട്ടത് കുഴിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് കുഴിക്കാൻ വേണ്ടി തന്റെ തൂമ്പയും പുറത്തിറങ്ങി ആ സ്ഥലത്ത് പോയി കുഴിച്ചപ്പോൾ ജംസമിന്റെ വെള്ളം പുറത്തേക്ക് വന്നു അപ്പോൾ കുറൈശികൾ അവരെല്ലാവരും വന്നു അവർ പറഞ്ഞു ജംസമിൽ ഞങ്ങൾക്കും പങ്കുണ്ട് ഈ വെള്ളത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട് അതുകൊണ്ട് നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇത് നോക്കി നടത്താനും ഇതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം നൽകണം അതിലുള്ള പങ്ക് നൽകണം അപ്പോൾ അബ്ദുൽ മുത്താലിബ് പറഞ്ഞില്ല ഇത് അള്ളാഹു സുഹാന അല്ലെങ്കിൽ എനിക്ക് കാണിച്ചു തന്ന കാര്യമാണ് എന്റെ അർത്ഥം വെള്ളം കൊടുക്കൂലെന്നല്ല മറിച്ച് ഇതിന്റെ കൈകാര്യകർത്തൃത്വം എനിക്കാണ് അപ്പോൾ അവർക്കിടയിൽ തർക്കമായി അങ്ങനെ അവർ പറഞ്ഞു നമുക്കൊരു ജോത്സന്റെ അടുക്കൽ പോയി കാര്യം പരിഹരിക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി ജോത്സ്യന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടു പോകുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബും കൂട്ടരുമുണ്ട് മറ്റു ഗോത്രങ്ങളും അവരുടെ കൂട്ടങ്ങളുമുണ്ട് പോകുന്ന വഴിക്ക് എല്ലാവരുടെയും കൈയിലെ വെള്ളം കുറഞ്ഞു അവരേതാണ്ട് മരിക്കുമെന്ന് ഉറപ്പായി അങ്ങനെ അവർക്കിടയിൽ കൂടിയാലോചനകൾ നടന്നു അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു നമ്മളൊരു കാര്യം ചെയ്യാം എല്ലാവരും അവരവർക്ക് വേണ്ടിയുള്ള കബറു കുഴിക്കുക എന്നിട്ട് അതിന്റെ അടുത്തിരിക്കുക എന്നിട്ട് ഓരോരുത്തരായി മരിച്ചു വീഴും അവസാനം ബാക്കിയാകുന്നവൻ അവൻ എല്ലാവരുടെയും വിഭവങ്ങൾ എടുക്കുകയും തന്റെ ജീവൻ നിലനിർത്തുകയും ചെയ്യുക എല്ലാവരും മരിക്കുന്നതിനേക്കാൾ അങ്ങനെ അവരെല്ലാവരും കുഴിയെടുത്തു കുഴിയെടുത്തതിനുശേഷം അവരിങ്ങനെ അതിന്റെ അടുത്ത് കാത്തിരിക്കാൻ തുടങ്ങി അപ്പോൾ അബ്ദുൾ മുത്താലിഫ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതിന് അർത്ഥല്ല മരണം നമ്മൾ സ്വയം വിളിച്ചു വരുത്താൻ അദ്ദേഹം പറഞ്ഞു നമുക്ക് തീരുമാനം മാറ്റാം നമുക്ക് വെള്ളം അന്വേഷിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോകാം അങ്ങനെ അവർ കുതിര കയറി കുതിര അതിന്റെ കടിഞ്ഞാൻ വലിച്ച അതിന്റെ കാല് മണ്ണിൽ പുറണ്ട ഉടനെ അവിടെ വന്നു ഇത് കണ്ടതോടുകൂടി മക്കയിൽ ഉണ്ടായിരുന്ന മറ്റ് ഗോത്രങ്ങൾ അവരുടെ തലവന്മാർ അബ്ദുൾ മുത്തലിബിന് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള പദവി അംഗീകരിക്കുകയും ചെയ്ത സംഭവം സീറയുടെ ചില കിതാബുകളിൽ ചരിത്രത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് ഇത്തരം കഥകൾ ഇതെല്ലാം ഹദീസ് പോലെ വിശകലനം ചെയ്യപ്പെടുന്ന സംഭവങ്ങളല്ല നമ്മളത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നബ്സഹ് വസ്ലമൊരു ചരിത്രം അത് വായിക്കുന്ന സന്ദർഭത്തിൽ അതിൽ പിന്നെ പ്രത്യേകിച്ച് റസൂൽ അള്ളഹിസ് ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അവിടുത്തെ ജനനത്തിന് ശേഷം പിന്നെ റസൂൽ അള്ളാഹിഅലി വസ്ല്ലം ബിയാകുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഹദീസുകളിൽ നോക്കുന്നത് പോലെയുള്ള സനതിന്റെ ഇല്ല കാരണം ചരിത്രമാണ് ഇത് ചരിത്രമാണ് അപ്പോൾ ഇങ്ങനെ സംഭവം മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ടതായി കാണാൻ സാധിക്കും അപ്പോൾ അബ്ദുൾ മുത്തലിഫ് അവർക്കിടയിൽ വളരെ പരിഗണിക്കപ്പെട്ടിരുന്നയാളായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഹാഷിം ഹാഷിം അദ്ദേഹം ഉറയ്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദാനശീല ഉള്ളയാളായിരുന്നു മാത്രമല്ല പുറേശികൾക്ക് കച്ചവടം പഠിപ്പിച്ചു കൊടുത്തത് ഹാഷിമാണ് ഇങ്ങനെ പുറേശികളുടെ നേതാവ് എന്ന യാതൊരു അഭിപ്രായ അറിയപ്പെട്ട വ്യക്തിയാണ് ഹാഷിം ബസൂർ ഉള്ളഹി സാഹു വസല്ലം അവിടുത്തെ പിതാക്കന്മാരെല്ലാം അറബികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുൾ മുത്തലിബ് മക്കയിൽ മാത്രമല്ല മദീനയിൽ വരെ പ്രസിദ്ധനായിരുന്നു അറബി അറബ് നാടുകളിലെല്ലാം അബ്ദുൽ മുത്തലിമിന്റെ പേര് പ്രസിദ്ധമായിരുന്നു അത്രമാത്രം അബ്ദുൽ മുത്തലിമിന്റെ സ്ഥാനമുണ്ടായിരുന്നു അപ്പൊ അബ്സമിന്റെ പേര് മുഹമ്മദ് അബ്ദുൽ അബ്ദുല്ല ابن كعب ابن لؤي ابن غالب ابن فهر ابن مالك ابن النظر ابن كنان ابن خزيم ابن مدركة ابن إلياس ابن مضر ابن نزار ابن معد ابن عدنان إذو وراء نبس صلى الله عليه وسلم ايضا برمبرا استرابتا برمبرا أبيبرا يتياسي الله ഇതിന് മുകളിലുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ പേരുകൾ എന്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നാൽ അബ്സു അള്ളഹു വസ്സലാമയുടെ പിതാക്കന്മാരിൽപ്പെട്ടവരാണ് ഇസ്മാൽ എന്ന കാര്യത്തിൽ സംശയമല്ല അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം വസു അള്ളഹി വല്ല വസാമിയുടെ പിതൃപരമ്പരയിൽപ്പെട്ടയാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇതിനിടയിലുള്ള ആളുകൾ അവരുടെ പേരുകൾ ഏതൊക്കെയാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ ഇത്രയും ഈ പറഞ്ഞ ഖത്റ് ഈ പറഞ്ഞ അത്ര ഭാഗം إنجلهم نعمل كعنا ذا بركاني سلامي كنا محمد ابن عبد الله ابن عبد المطلب ابن هاشم ابن عبد مناف ابن قصي ابن كلاب ابن مرة ابن كعب ابن لؤي ابن غالب ابن فهر ابن مالك ابن النظر ابن كنان ابن خزيم ابن مدركة ابن إلياس ابن مضر ابن نزار ഇത് നമ്മള് ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ എഴുതിത്തരാം അത് നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട കാര്യമാണ് ശരി അലഹി ഹുസല്ലം അവിടുത്തെ നസബ് അവിടുത്തെ പിതൃപരമ്പര ഇത്ര ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു മാത്രമല്ല റസുൽഅലി ഹുസല്ലം അവിടൊന്നു പറഞ്ഞതായി കാണാം എന്റെ പരമ്പര അത് പൂർണമായി വിവാഹബന്ധത്തിൽ നിന്നുണ്ടായതാണ് അതിലൊരു പരമ്പരയിൽ പോലും വ്യഭിചാരം നടന്നിട്ടില്ല എന്റെ പിതൃപരമ്പരയിൽ ഒരാൾ പോലും വ്യഭിചാരത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല ഞാൻ പൂർണമായും വിവാഹബന്ധത്തിൽ നിന്നുണ്ടായ പിതൃപരമ്പരയിലാണ് ഞാൻ ജനിച്ചത് ഒരാൾ പോലും അലഹു വസല്ലമ്മയുടെ പിതൃപരമ്പരയിൽപ്പെട്ട ഒരാൾ പോലും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിട്ടില്ല خرجت من نكاحٍ ولم أخرج من, سفاح> لن يند من ولم من سفاح ولدني ും എന്റെ പിതൃപരമ്പരയിൽ വ്യഭിചാരം സംഭവിച്ചിട്ടില്ല ജാഹലിയ കാലഘട്ടത്തിലുള്ള വൃത്തികേടുകളിൽ ഒന്നും തന്നെ എന്നെ സ്പർശിച്ചിട്ടില്ല അത്രമാത്രം പരിശുദ്ധമായാണ് ജീവിച്ചത് മാത്രമല്ല അവിടുത്തെ പിതൃപരമ്പരയാകട്ടെ ഇത്രമാത്രം ശുദ്ധമാണ് എന്തുകൊണ്ടാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു സുബാനഹുഅല ഇത്ര ശുദ്ധമായ പിതൃപരമ്പരയിൽ ഇത്ര മഹത്തരമായ തറവാട്ടിൽ ജനിപ്പിച്ചത് പല കാരണങ്ങൾ പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് അറബികൾ അവർ അവർക്കിടയിൽ തറവാടിത്തവും സ്ഥാനവുമുള്ള ആളുകളുടെ സംസാരമേ ശ്രദ്ധിക്കാറുള്ളൂ അറബികൾ സംസാരത്തിന് ശ്രദ്ധ കൊടുക്കണെങ്കിൽ അവൻ വേണം തറവാടിത്തം അവൻ നല്ല തറവാട്ടിൽ ജനിച്ചവനായിരിക്കണം കാരണം നല്ല കുടുംബത്തിൽ ജനിച്ചവർ അവർക്ക് നല്ല സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കും പൊതുവെ അത് അവർക്ക് പകർന്നു കിട്ടിയിട്ടുണ്ടാവും രാജാക്കന്മാരുടെ കുടുംബത്തിൽ ജനിക്കുന്നവർ അവർക്ക് അധികാരത്തിന്റെ രീതികൾ അത് പൊതുവെ ജനത്തിൽ തന്നെ എന്തുണ്ടാവും ശീലിച്ചു വന്നിട്ടുണ്ടാവും അവരുടെ സംസ്കാരങ്ങൾ അവരുടെ മര്യാദകൾ നമുക്ക് പൊതുവെ അറിയുന്നതാണ് ഓരോ സമൂഹവും അവരെവിടെയാണ് അതിന്റെ ആളുകൾ അതിന്റെ രീതികൾ അത് ആ സംസ്കാരത്തിന്റെ അടയാളങ്ങൾ അവരുടെ മക്കളിൽ കാണാൻ പറ്റും ഓരോ വിഭാഗം ആൾക്കാർ ഓരോ നാട്ടുകാർ എവിടെ ജനിക്കുന്ന അതിനനുസരിച്ചായിരിക്കും അവരുടെ സ്വഭാവങ്ങൾ അറബികൾ അവരിൽ ഏറ്റവും നല്ലവരുടെ ഏറ്റവും നല്ല തറവാടിത്തമുള്ളവരുടെ സംസാരമേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അലഹു വസ്സലമേ അള്ളാഹു സുബാനഹുഅാല ഒരു സംശയത്തിനും വക നൽകാത്ത വിധം ഏറ്റവും പരിശുദ്ധമായ തറവാട്ടിലാണ് അവിടുത്തെ റസോളുലാഹി സാഹു അലിഹു വസ്ല്ലമേ അള്ളാഹു സുബാനു തല നിശ്ചയിച്ചത് ഒന്ന് രണ്ടാമത്തെ കാര്യം റസൂൾ സല്ലാഹു അലി ഹസല്ലം അവിടുന്ന് അറബികൾക്കിടയിൽ മുൻപ് തന്നെ വലിയ സ്ഥാനമുള്ളവരായിരുന്നു അവിടത്തേക്ക് സ്ഥാനം കിട്ടാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമല്ല ചില ആളുകൾ പറയുന്നത് പോലെ നബിസൊല്ലാഹു അലഹി ഹസല്ലം ഒരിക്കലും അറബികളുടെ അധികാരം നേടിയെടുക്കുന്നതിനു വേണ്ടിയല്ല ഈ നുപൂവത്ത് അവിടുന്ന് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവിടുന്ന് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത് ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തത് അധികാരം കിട്ടുന്നതിനു വേണ്ടിയല്ല അധികാരം കിട്ടുന്നതിനായിരുന്നെങ്കിൽ ഈ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ നബിസ്വല്ലാഹു വസ്ല്ലമക്ക് അധികാരം കിട്ടുമായിരുന്നു കാരണം അവിടുന്ന് അവരുടെ കൂട്ടത്തില് ഏറ്റവും നല്ല തറവാടിയായിരുന്നു ഏറ്റവും നല്ല തറവാട്ടിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഹാഷിൻ കുടുംബത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലമയെ പോലെ ആദരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല വേറെ അത്രമാത്രം സ്ഥാനം നബിസ് അലൈഹി വസ്ല്ലമക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ലഭിച്ചിരുന്നു എന്തിനധികം അബൂതാലിബ് ചിലപ്പോൾ തന്റെ മക്കളെക്കാൾ സ്വന്തം മക്കളെക്കാൾ നബി നബിസാഹു അലൈഹി വസ്സലമെ സ്നേഹിച്ചിരുന്നു അവിടുത്തെ ആദരിച്ചിരുന്നു അവിടത്തേക്ക് സ്ഥാനം നൽകിയിരുന്നു അബു താലിബ് റസൂലയൻ അത്രമാത്രം സ്ഥാനം നബിസല്ലാഹു അലൈഹി വസ്ല്ലമക്ക് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുന്ന് അധികാരത്തിന് വേണ്ടിയല്ലേ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് മറിച്ച് അത് അവിടത്തേക്ക് ഇസ്ലാം ഇല്ലെങ്കിൽ പോലും ലഭിക്കാമായിരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണിത് നബിസ് അലി വസ്ല്ലം അവിടുന്ന് അല്ലെങ്കിൽ അധികാരം കിട്ടേണ്ട ആളായിരുന്നു പക്ഷെ അവിടുന്ന് തന്റെ പ്രബോധനത്തിന് വേണ്ടി ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു ഇത്ര വലിയ തറവാടിത്തം ഉണ്ടായിട്ടും അവിടുന്ന് തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും അവിടുത്തെ നേരെ കല്ലെറിയാൻ വരെ ആ നാട്ടുകാർ തയ്യാറാവുകയും ചെയ്തു എന്നിട്ട് അവിടുന്ന് സഹിച്ചു നന്നു അത് നബിഹു അലിഹ് വസ്ല്ലമയുടെ സുതുക്കിന് അവിടുത്തെ സത്യസന്ധതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ് ഇത്ര പ്രയാസം അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബല ഏറ്റവും പരീക്ഷണമുണ്ടായ നബിയാണ് നമ്മുടെ ഓസോൾ അഹമ്മദ് സല്ലാഹു അലി വസ്ല്ലം എന്നാൽ അവിടുന്ന് ആകട്ടെ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ചതാണ് ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അത് സല്ല അള്ളാഹു അലഹി വസല്ലമ്മയുടെ സത്യസന്ധതക്കുള്ള തെളിവുകളിലൊന്നാണ് ശരി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനനം അതിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ ചിലത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുൻപ് ആരംഭിച്ചിരുന്നു ാഹു അലിഹി വസം അവിടെയാണ് ഞാൻ അന്തിമനാണ് എന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു എപ്പോൾ സന്ദർഭത്തിൽ ആ സമയത്ത് ഞാൻ നബിമാറിൽ അന്തിമനാണ് എന്ന കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുഹാ നഹു അള്ളാഹു ആദം നബിയെ പടക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തപ്പെട്ട പ്രത്യേകിച്ച് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വസല്ല ആഗമനം മാത്രമല്ല അവിടൊന്ന് പറഞ്ഞു അതിന്റെ തുടക്കം അതിലെ ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നിട്ട് റസൂൾ പറഞ്ഞു അബി ഇബ്രാഹിം എന്റെ പിതാവായ ഇബ്രാഹീം എന്നെ അള്ളാഹു സുഹാ നഹുല അറബികളിൽ നിയോഗിക്കണമെന്ന് ആ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞതായി കാണാം ഇബ്രാഹിം നബി എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ പ്രാർത്ഥന അതിനുള്ള ഉത്തരമാണ് ഞാൻ അല്ല നബി അലി വസ്ലാത്തു വസ്സലാം അറബികൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു നബി അയക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ എന്റെ സഹോദരനായ ഐസയുടെ സന്തോഷ വാർത്ത അതിന്റെ പുലർച്ചെയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലായ ഐസ നബി അലിസ്ലാത്തു വസ്സലാം ബനു ഇസ്രേലുകാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ആരെക്കുറിച്ച് മുഹമ്മദ് നബി സാഹു അലൈഹു വസ്സലെ അപ്പോൾ ആ സന്തോഷ പൂർത്തീകരണമാണ് ഞാൻ എന്ന് നബി സാഹു അലഹു വസ്ല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും അള്ളാഹുന്റെ റസൂൾ അലൈഹി ഒരു തിങ്കളാഴ്ചയാണ് ജനിച്ചത് അത് സംശയമില്ലാത്ത കാര്യമാണ് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്ന കാര്യം അബൂ കച്ചാദ റദി അള്ളാഹു അലഹു ഉദ്ധരിച്ച ഹദീസിൽ അലൈഹി വസ്ല്ലം അവിടുന്ന് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞതായി കാണാം റസൂൾ പറഞ്ഞു ആ ദിവസമാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് ആ ദിവസമാണ് എനിക്ക് അള്ളാഹു സുബാന തിങ്കളാഴ്ച ദിവസം അന്നാണ് നമ്മുടെ റസൂൽ വസ്ല്ലാം ഈ ഭൂമിയിലേക്ക് ജനിച്ചുകൊണ്ടത് അന്നാണ് അള്ളാഹു സുബാൻ ജുബ്രീ അലഹുലാമെ റസൂൽഅള്ള അടുക്കലേക്ക് അയച്ചത് ആ ദിവസം ിയോഗിച്ചു എന്നത് അല്ലാഹു നമുക്ക് നൽകിയ റഹ്മുകളിൽ കാരുണ്യങ്ങളിൽ ഒന്നാൻ ശരി എങ്ങനെയാണ് അതിന് സന്തോഷിക്കേണ്ടത് റസൂൾ പറഞ്ഞു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് അന്ന് നോമ്പ് നോക്കണം നബിസ്വല്ലാഹു അലൈഹ് വസ്സല്ല ദിവസമാണ് എന്ന പേരിൽ അന്ന് സന്തോഷിക്കുകയാണ് എന്ന പേരിൽ റസൂൾള്ളയുടെ ജന്മദിനം ആഘോഷിക്കുകയും അന്ന് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഭക്ഷണം ഒട്ടി ഒഴുങ്ങി തിന്നുകയും ചെയ്യുന്നവർ നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് റസൂൾള്ള പറഞ്ഞത് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നോമ്പ് നോക്കാനാണ് നബിസ്വല്ലാഹു അലഹ് വസ്ല്ലം പറഞ്ഞത് എത്ര സത്യമാണ് സഹാബികൾ പറഞ്ഞത് ഇസ്ലാമിൽ ഒരാൾ ഒരുണ്ടാക്കിയാൽ ആ പിതാത്തിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് നഷ്ടപ്പെടും അവിടെ നബിദിനമെന്ന് പറഞ്ഞ ഒരു അതിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു നബിസൊല്ലാ അലിഹി വസ്സല്ലു എന്ന് ഉറപ്പുള്ള തിങ്കളാഴ്ച നോമ്പ് നോക്കുക എന്ന സുന്നത്ത് എന്നാൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല ജനിച്ച ഡേറ്റ് എന്താണ് അതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട് എന്താണ് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ചത് എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില പണ്ഡിതന്മാർ പത്തിലധികം അഭിപ്രായങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് റസോള ജനിച്ച ദിവസത്തിൽ അല്ല നബിസൊള്ളാഹു അലൈഹി വസ്ല്ലം ജനിച്ച മാസം ഏതാണ് എന്നതിൽ വരെ അഭിപ്രായ ചില ആളുകൾ പറഞ്ഞു റബി ഉൽ ചില ആളുകൾ പറഞ്ഞു റബി ചില ആളുകൾ പറഞ്ഞു റമബാനിലാൻ മറ്റു മാസങ്ങൾ പറഞ്ഞ ആളുകളുമുണ്ട്